എന്റെ ഈ കുപ്പായം നിങ്ങൾ കൊണ്ടുപോയി എന്റെ പിതാവിന്റെ മുഖത്ത് വയ്ക്കുക അദ്ദേഹം കാഴ്ച ലഭിക്കുന്നവനായി മാറും നിങ്ങളുടെ കുടുംബത്തെ മുഴുവനായി എന്റെ അടുക്കൽ കൊണ്ടുവരികയും ചെയ്യുക